അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി അവന്റെ സഹോദരന്മാരും അവന്റെ പിതൃഭവനമൊക്കെയും അത് കേട്ട് അവന്റെ അടുക്കൽ ചെന്നു ഞെരുക്കമുള്ളവർ കടമുള്ളവർ സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാറൊക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടി അവനവർക്ക് തലവനായി തീർന്നിരുന്നു അവനോടുകൂടെ ഏകദേശം നാനൂറ് പേർ ഉണ്ടായിരുന്നു അനന്തരം ദാവീദ് അവിടം വിട്ട് മോവാബിലെ മിസ്ബയിൽ ചെന്നിരുന്നു മോവാബ് രാജാവിനോട് ദൈവം എനിക്കുവേണ്ടി എന്തു ചെയ്യുമെന്ന് അറിയുവോളം എന്റെ അപ്പനും അമ്മയും നിങ്ങളുടെ അടുക്കൽ വന്ന് ണമേ എന്നപേക്ഷിച്ചു അവനവരെ മോവാബ് രാജാവിന്റെ സന്നദ്ധിയിൽ കൊണ്ടുചെന്നു ദാവീദ് ദുർഗത്തിൽ താമസിച്ച കാലമൊക്കെയും അവർ അവിടെ പാർത്തു എന്നാൽ ഗാദ് പ്രവാചകൻ ദാവീദിനോട് ദുർഗത്തിൽ പാർക്കാതെ യഹൂദദേശത്തേക്ക് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു അപ്പോൾ ദാവീദ് പുറപ്പെട്ടു യും കൂടെയുള്ളവരെയും കണ്ടിരിക്കുന്നു എന്ന് കേട്ടു അന്ന് കയ്യിൽ കുന്തവുമായി ഗിബയയിലെ കുന്നിൻമേലുള്ള പിജുലവൃക്ഷത്തിൻ ചുവട്ടിൽ ഇരിക്കയായിരുന്നു അവന്റെ ഭൃത്യന്മാരെല്ലാവരും അവന്റെ ചുറ്റും നിന്നിരുന്നു ചുറ്റും നിൽക്കുന്ന തന്റെ ഭൃത്തന്മാരോട് പറഞ്ഞത് ബെന്യാമീന്യരേരെ കേട്ടുകൊള്ളേൽ ഇഷായുടെ മകൻ നിങ്ങൾക്കൊക്കെയും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും തന്ന നിങ്ങളെല്ലാവരെയും സഹസ്രാധിപന്മാരുവരും ശതാധിപന്മാരുവരും നിങ്ങളെല്ലാവരുവരും എനിക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുന്നു എന്റെ മകൻ ഇഷായിയുടെ മകനോട് സഖ്യത ചെയ്തത് എന്നെ അറിയിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല എന്റെ മകൻ എന്റെ ദാസനെ ഇന്ന് എനിക്കായി പതിയിരുപ്പാൻ ഉത്സാഹിപ്പിച്ചിരിക്കുന്നതിങ്ക മനസ്താപമുള്ളവരോരോ അതിനെക്കുറിച്ച് എനിക്ക് അറിവ് തന്നവരോരോ നിങ്ങളിലാരും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഷൗലിന്റെ ഭൃത്യന്മാരുടെ കൂട്ടത്തിൽ നിന്നിരുന്ന ഏതോമ്യനായ മകനായ അഹിമലേഖിന്റെ അടുക്കൽകൾ ഈഷായിയുടെ മകൻ വന്നത് ഞാൻ കണ്ടു അവൻ അവനുവേണ്ടി യഹോവയോട് അരുളപ്പാട് ചോദിച്ചു അവന് ഭക്ഷണ സാധനവുമോ ഫിലിസ്തീനായ വാളും കൊടുത്തൂട്ടു എന്നുത്തരം പറഞ്ഞു ഉടനെ രാജാവ് അഹീതൂബിന്റെ മകനായ അഹിമലെ പുരോഹിതനെയും അവന്റെ പ്രദുർഭവനക്കാരായ നോബലെ സകല പുരോഹിതന്മാരെയും വിളിപ്പിച്ചു അവരെല്ലാവരും രാജാവിന്റെ അടുക്കലിൽ വന്നുവന്നു അപ്പോൾ അഹീത്തൂബിന്റെ മകനെ കേൾക്കുന്ന കൽപ്പിച്ചു ിൽ അടിയനെന്ന് അവനുത്തരം പറഞ്ഞു ശൗലവനോട് ഇഷായിയുടെ മകൻ ഇന്ന് എനിക്കായി പതിയിരുപ്പാൻ തുനിയത്തക്കവണ്ണം അവന് അപ്പവും വാളും കൊടുക്കുകയും അവനു വേണ്ടി ദൈവത്തോട് ചോദിക്കുകയും ചെയ്തതിനാൽ നീ അവനും എനിക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കിയത് എന്ത് ചോദിച്ചു അഹിമലെ രാജാവിനോട് തിരുമനസിലെ സകല ഭക്തിന്മാരിലും വെച്ച് ദാവിദിനോളം വിശ്വസ്തൻ ആരുള്ളൂ അവൻ രാജാവിന്റെ മരുമകനും അവിടത്തെ ചേരുന്നവനും രാജധാനിയിൽ മാന്യനും അകുന്നുവല്ലോ അവനുവേണ്ടി ദൈവത്തോട് ചോദിപ്പാൻ ഞാൻ ഇപ്പോഴോ തുടങ്ങിയത് അങ്ങനെയല്ല രാജാവ് അടിയന്റെ മേലും അടിയന്റെ പ്രതിർഭവനത്തിന്മേലും കുറ്റമൊന്നും ചുമത്തരുതേ അടിയൻ ഇതിലെങ്ങും യാതൊന്നും അറിഞ്ഞവനല്ല എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ രാജാവ് അഹീമിലേക്ക് നീ മരിക്കണം നീയും നിന്റെ പ്രതിർഭവനമൊക്കെയും തന്നെ എന്ന് കൽപ്പിച്ചു പിന്നെ രാജാവ് അരികെ നിൽക്കുന്ന കമ്പടികളോട് ചെന്ന യഹോവിയുടെ പുരോഹിതന്മാരെ കൊല്ലുവേൽവി അവരും ദാവീദിനോട് ചേർന്നിരിക്കുന്നു അവൻ ഓടിപ്പോയത് അവർ അറിഞ്ഞിട്ടും എന്നെ അറിയിച്ചില്ലല്ലോ എന്ന് കൽപ്പിച്ചു എന്നാൽ യഹോവിയുടെ പുരോഹിതന്മാരെ കൊല്ലുവാൻ കൈ നീട്ടുന്നതിന് രാജാവിന്റെ ഭൃത്യന്മാർ തുനിഞ്ഞില്ല അപ്പോൾ രാജാവ് ദോവേഗിനോട് നീ ചെന്ന് പുരോഹിതന്മാരെ കൊല്ലുക എന്ന് കൽപ്പിച്ചു ഏതോമിനായോഹിതന്മാരെ വെട്ടിയിട്ടി പഞ്ഞുനൂൽ കൊണ്ടുള്ള ധരിച്ച എൺപത്തഞ്ചു പേരെ അന്ന് കൊന്നുകളു പുരോഹിത നഗരമായ നോബിന്റെ പുരുഷന്മാർ സ്ത്രീകൾ ബാലന്മാർ ശിശുക്കൾ കാള കഴുത ആട് എന്നിങ്ങനെ ആ സകലബലം വാളിന്റെ വായിത്തലയാൽ അവൻ സംഹരിച്ചു കളഞ്ഞു എന്നാൽ അഹിത്തൂബിന്റെ മകനായ അഹിമേഖിന്റെ പുത്രന്മാരിൽ എന്നൊരു തെറ്റിയൊഴിഞ്ഞ് ദാവിദിന്റെ അടുക്കൽ ഓടിപ്പോയി യഹോവയുടെ പുരോഹിതന്മാരെ കൊന്ന വിവരം ദാവീദിനെ അറിയിച്ചു ോട് ഏതൊമ്മ്യനായ ദോവ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ ശവിനോട് അറിയിക്കുമെന്ന് ഞാൻ അന്നു തന്നെ നിശ്ചയിച്ചു നിന്റെ പ്രദുർഭവനത്തിനൊക്കെയും ഞാൻ മരണത്തിന് കാരണമായല്ലോ എന്റെ അടുക്കൽ പാർക്ക ഭയപ്പെടേണ്ട എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവൻ നിനക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എങ്കിലെങ്കിലും എന്റെ അടുക്കൽകൾ നിനക്ക് നിർഭയവാസം ഉണ്ടാകുമെന്ന് പറഞ്ഞു